സന്തോഷാമൃത പല സൃപ്തിമാഗത ഭീ അപ്പിളമേഷ പ്രതിചാ സന്തോഷാമംഗാ തൃപ്തിക അതുലാ ഭഗസ് പ്രതിവിഷാ സന്തോഷം അമൃത്ത പാലം ചെയ്തിട്ട് സന്തോഷമാകുന്ന അമൃതത്വ പാലം ചെയ്തിട്ട് ശാന്തന്മാരായിരിക്കുന്നത് തൃപ്തിയെ പ്രാപിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് തത്വജ്ഞാനികളൊക്കെ വെച്ച അവരാണ് ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നത് അവരാണ് ശാന്തന്മാരായിരിക്കുന്നത് അവരാണ് തൃപ്തന്മാരായിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ഏഷ അതു ഭഗസ് രാമനോട് പറയുന്നത് രാമൻ രാജന്മാർ എന്നാണ് അതുകൊണ്ട് വളവില്ലാത്ത ഭൂതഐശ്വര്യങ്ങളെന്ന് അനുഭവിക്കാൻ യോഗ്യതയുള്ളവരാണ് നിന്റെ മുമ്പിൽ കാണുന്ന ഈ അളവില്ലാത്ത ഭോഗ ഐശ്വര്യങ്ങൾ എന്താണ് പ്രതി വിഷായത്തെയും അത് അതിവിഷം പോലെയാണ് അതുകൊണ്ട് നിന്നീട് സന്തോഷത്തെ നേരിടേണ്ട കാര്യങ്ങളെന്താണ് മാത്രമല്ല അങ്ങനെ ഭോഗ ഐശ്വര്യങ്ങളുടെ പിറകിൽ ഒരാൾ പോവുകയാണ് അയാൾക്ക് സന്തോഷം നഷ്ടപ്പെടുകയും ചെയ്യും ഇത് പഴയകാലത്ത് ഇന്നും പറയുന്ന കാര്യം ലോകൈശ്വര്യങ്ങൾ ഭൗതിക സുഹൃത്തും കേവലം ഇന്ദ്രിയജന്യവുമായ സ്വന്തം അത് ക്ഷണികമാക്കും അതൊരു സ്ഥായിയായി സുഹൃത്തു കൊടുക്കാൻ പ്രാപ്തിയുള്ളതല്ല അതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ അതുമാത്രം ലക്ഷ്യമാക്കി ഒരാൾ പോവുകയാണെങ്കിൽ ആത്യന്തികമായി നിരാശയിലേക്ക് സന്തോഷത്തിന് പോരോഗ വിഷാദത്തിൽ പോകും അതിഭൗതികത അതിൻ്റെ പിറകെ ഇന്നും അത് തന്നെ പറയും ആ കാഴ്ചപ്പാടിൽ ശാസ്ത്രമൊക്കെ ഇത്ര വളർന്നിട്ടുണ്ട് ഈ ഒരു കാഴ്ചപ്പാടിനും മാറ്റോറും ഈ അതിഭൗതികതയുടെ പിറകെ ഓടിയിട്ട് മനുഷ്യൻ നിരാശയിലും വിഷാദത്തിനും ഒട്ടുപോകുന്നതാണ് ലോകത്തിൻ്റെ അത് ഒഴിവാക്കി സന്തോഷത്തിൽ നേടും എന്നാണ് പറയുന്നത് അതാർക്കും അഭിപ്രായ വ്യത്യാസമുള്ള അതായത് ഭോഗമുള്ളത് തൃഷ്ണയെ സമിതിപ്പിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ബുദ്ധൻ പറഞ്ഞ രാഗം തൃഷ്ണയെ സമിതിക്കുന്നു രാഗം തൃഷ്ണയെ വളർ ഭോഗം തൃഷ്ണയെ സമിതിപ്പിക്കത്തില്ല അതുകൊണ്ട് ഭൗതികമായ ആസക്തികളൊന്നും തന്നെ മനുഷ്യനെ സന്തോഷത്തിലേക്ക് നയിക്കത്തില്ല അതിനുള്ള എല്ലാ ആധ്യാത്മിക സാഹസങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ചു പറയും എന്നുള്ളൂ ഇപ്പൊ ഇതിനകത്ത് മറ്റ് തെറ്റിദ്ധാരണകൾ വരാൻ പറയും മനുഷ്യൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ ബേസിക് നീഡ്സൊന്നും അതില്ലാതെ മനുഷ്യർ സന്തോഷമായി ഇരിക്കാൻ കഴിയും അതിനെ അവഗണിക്കാവുന്നതെങ്കിൽ അതും പ്രശ്നമാണ് ബുദ്ധൻ പറഞ്ഞ മധ്യമുമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ജോഡി ധരിക്കാനും ഒരു ജോഡി കൈ തരുന്നു എന്ന് പറയുന്നതാണ് മധ്യമമാർഗം അന്ന് അതി കൂടിയുള്ള ഒരു ആഡംബരമാണ് അങ്ങനെയല്ല കാരണം അന്ന് അത്ര ഭൗതികമായ അപര്യാപ്തതയിൽ മനുഷ്യരെ ജീവിക്കാനും അതൊക്കെ മതി അങ്ങനെയാണ് ബുദ്ധൻ മധ്യമമാർഗത്തിൻ്റെ ഒരു മാതൃകയറ്റി കാണിച്ച് വസ്ത്രം ധരിക്കുക അതൊന്ന് കഴിക്കുക ഇന്നത്തെ സാഹചര്യങ്ങളിൽ അതൊന്നും പോരാ കാരണം മലിനമാകുന്ന അവസരങ്ങൾ അന്നത്തെ കാലങ്ങളിൽ കൂടുതലാണ് അത് പഴയകാലത്ത് മലിനമായാലും പ്രശ്നമുണ്ട് കാരണം ഒരാൾ മലിനമായ മറ്റൊരാളെ ബാധിക്കുന്ന വിഷയമല്ല ഇന്നങ്ങനെ അതെല്ലാവരും ബാധിക്കും മനുഷ്യന് ഒരുപാട് അടുത്ത് പോയത് അത് ഒരു ആശയം എന്നുള്ള ആണെങ്കിൽ മധ്യമമാർഗം അന്നും ഇനിയും തുല്യം തന്നെ പക്ഷെ അതിന്റെ അനുഷ്ഠാനം പ്രയോഗം എന്നുള്ള ആരൊക്കെയാണെന്നും നമ്മൾ ഒരുപാട് വ്യത്യാസം മനുഷ്യൻ ഒരുപാട് പെരുകും കാലം മാറിയിരുന്നു ഇതൊക്കെ മനസ്സിലാക്കുന്നു കാലോചിതമായി മനസ്സിലാക്കും ഇവിടെ എന്താണ് സന്തോഷം എങ്ങനെയാണ് സന്തോഷത്തെ നേടേണ്ടത് അതായി ഇന്ന് ഇവിടെ പറയുന്നു സന്തോഷത്തെ സ്തുതിക്കുകയാണ് സന്തോഷം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്തിനു വേണ്ടിയിട്ടാണ് സന്തോഷത്തെ സ്ത്രീകുന്നത് സന്തോഷത്തെ ജീവിതത്തിലുള്ളൊരു ലക്ഷ്യമായിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടാണ് അതിനെ സ്ത്രീകൾ അതിനോട് നിർദ്ദേശിക്കുന്ന ഒരു ആത്മീയമായ മാർഗം ആത്മീയ മാർഗത്തിന്റെ ലക്ഷ്യമൊന്നുമില്ല എന്ന് സന്തോഷം അപ്പൊ സന്തോഷത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് പരമമായ സന്തോഷത്തെ പ്രാപിക്കുക അതാണ് എന്റെ മാർഗവും ലക്ഷ്യവും ഒന്നുതന്നെ സന്തോഷത്തിൽ അല്ലതിനെ വർണ്ണിക്കുകയാണ് ആൾക്കാർക്ക് അത് താൽപ്പര്യം ഉണ്ടാക്കാൻ വേണ്ടി അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് സന്തോഷത്തെ കുറിച്ച് പറയുമ്പോഴും അത് ആത്മാവും രണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാ പറയുന്നു ഞാൻ താൻ നശിക്കാത്ത ആത്മാവാണ് ശരീരം കൊണ്ടേ മരിക്കുന്നുള്ളൂ ആത്മാവ് മരിക്കാത്ത ഒന്നും എന്നുള്ള ഈ അറിവ് തന്റെ നിത്യതയെക്കുറിച്ചുള്ള അറിവ് ഒരാൾക്ക് സന്തോഷിക്കുന്നുണ്ടോ ഞാങ്ങനെ ഒരാത്മാവ് ഉണ്ടായാലെങ്കിൽ അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ അറിവ് മനുഷ്യന് സന്തോഷം കൊടുക്കുന്നു സത്യമോ അസത്യമോ എന്തോ ആയിക്കോ താൻ നിത്യശുദ്ധ ബുദ്ധമുക്തൻ ആത്മാവാണിയറി തന്നെ കുറിച്ച് അങ്ങനെ അറിയുമ്പോൾ അവനൊരു സന്തോഷം കാരണം അതെല്ലാം മനുഷ്യന്റെ ഇഷ്ടമാണ് നിത്യമായിരിക്കുക ശുദ്ധമായിരിക്കും ക്തമായിട്ട് മനുഷ്യഷ്ടമുള്ള കാര്യം അപ്പൊ അത്തരം സങ്കല്പങ്ങളെല്ലാം മനുഷ്യന്റെ സന്തോഷമാണ് ഇത് ആധുനിക മനഃശാസ്ത്രത്തിൽ വന്നിരിക്കുന്നു യൂഡോമോണിക് ഹാപ്പിനെസ് ഒരു ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് വന്ന അതായത് ഒരു മനുഷ്യന് എന്താണ് സന്തോഷത്തെ കൂടുന്നത് സന്തോഷം രണ്ടുതരത്തിൽ നിന്ന് തോന്നുന്നു താത്കാലികമായ സന്തോഷം അതുകൂടെ പറയും ഭോഗശ്രീ ഭോഗൈശ്വര്യങ്ങളൊക്കെ കൊടുക്കുന്ന സന്തോഷം അത് സ്ഥായിയല്ല മറിച്ച് മനുഷ്യന് സ്ഥായിയായ സന്തോഷം കൊടുക്കുന്നതിന് ഒരു പ്രധാനമായ കാരണം അവന്റെ സങ്കല്പങ്ങൾ എന്നാണ് ആധുനിക ശ്വാസം പറയുന്നത് ഒരു മനുഷ്യന് ഒരു മൂല്യവത്തായ ജീവിതം നയിക്കാൻ കഴിയുക അതവന് സന്തോഷത്തെ കൊടുക്കുന്നു ഫ്ലഷറല്ല എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു സന്തോഷമുണ്ടാവുക പോവുക നമ്മളൊരു പാട്ട് കേട്ടി സന്തോഷമുള്ള കാര്യം അതിന് നമ്മൾ മൊഴി പോകും ചിലപ്പോൾ പാട്ടിന്റെ രാഗങ്ങളായിരിക്കും നമ്മളെ ആകർഷിക്കും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമായിരിക്കും നമ്മളെ ആകർഷിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഭാവമായിരിക്കും നമ്മളെ ആകർഷിക്കും എന്തായാലും നമുക്ക് സന്തോഷത്തെ ഉണ്ടാക്കുന്നു പക്ഷേ അവിടെ വരുന്ന പ്രശ്നം അത് ക്ഷണികമാണ് എന്തുകൊണ്ട് വീണ്ടും നമുക്ക് സന്തോഷത്തിന് വേണ്ടി വീണ്ടും പാട്ട് കേൾക്കുകയും ആ പാട്ട് ഞാൻ തന്നെ കേട്ടാൽ ചിലപ്പോൾ സന്തോഷം വരികയാണെങ്കിൽ വേറെ പാട്ടും ഇന്നത്തെ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ോട്ടിലെ നിൽക്കുന്നതാണ് ഇന്നത്തെ യുവതലമുറ രണ്ട് ചെവിയിലും എപ്പോഴും കത്തി ഇങ്ങനെ പാട്ടുകേട്ടാണ് റോഡേ നടന്ന എപ്പോഴും കാരണം ഇതെപ്പോഴും ചെവിയിൽ ഇരുന്നാൽ എപ്പോഴും അവർക്ക് ഹാപ്പി ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബയോളജി ആണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളാണ് അതിന് ഹാപ്പിനെസ് കൊടുക്കുന്നത് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നൂറോ ട്രാൻസ്മിറ്റേഴ്സുമായിട്ട് ലിങ്ക്ഡാണ് ആ ഹാപ്പിനെസ് അതിനു സഹായിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇവിടെ പറയുന്ന ഭോഗശ്രീ എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ് പിന്നെ ഹിഡോളി ക്ലഷർ എന്ന് പറയുന്നു സൈക്കോളജി ഇത് പഴയകാലത്തും പറഞ്ഞിരുന്നു ഇന്നും അത് തന്നെ പറയുന്നു അത് നമുക്ക് നിലനിർത്താൻ പറ്റത്തില്ല ചായ കുടിക്ക് ഒരു ഉന്മേഷം വരുന്നു എത്ര സമയം നിൽക്കും അത് പോകുന്നു നമ്മളറിയത്തില്ല നമ്മൾ അറിയപ്പെടുന്നതെങ്കിലും ചായ പൊടി ഇതെല്ലാം ഡോപ്പമിൻ എൻഡോർഫിൻ പോലെയുള്ള കെമിക്കലുകളുമായി ലൂങ് ചെയ്തിട്ടുണ്ടാവുന്നു അത് പൂർണ്ണമായും ബയോളജിയും ആണ് കണ്ട്രോൾ ചെയ്യുന്നു അതിനപ്പുറം അതിനകത്ത് വേറെ ഒന്നുമില്ല അതെല്ലാം പിടിച്ചു നിർത്താന്ന് പോകാൻ പറ്റത്തില്ല ഇനി ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു ഇതല്ലാതെ ഒരു ഹാപ്പിനസ് ഉണ്ട് അതിന് പറയുന്നത് എന്താണ് ബേസ് ലൈൻ ഹാപ്പിനെസ് ചന്ദ്രാർ പറയുന്നത് അറിവ് ആനന്ദം അന്നാമ കാര്യം അറിവ് ആനന്ദത്തിന് ഉപകരിക്കുന്നതാണ് പഴയകാലത്തും അങ്ങനെയായിരുന്നു മനുഷ്യൻ ഇന്നും ഒരു സ്ഥായിയായ ആനന്ദത്തെ നിലനിർത്തുന്നത് ആധുനിക ശാസ്ത്രം എന്നൊരു പാട്ട് കേൾക്കുന്നത് അതർത്ഥവത്തായിരുന്നു വളരെ അർത്ഥവത്തായ അധ്യയനം സ്ഥായിയായ ആനന്ദത്തെ എന്തുകൊണ്ടാണത് അങ്ങനെ ഒരു ആനന്ദത്തെ പോകുന്നത് കാരണം നമ്മൾ ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ലേണിംഗ് ആണെങ്കിൽ നമ്മളൊരു പുതിയ യാഥാർത്ഥ്യമായിട്ട് കണ്ടുമുട്ടുകയാണ് അപ്പോൾ യാഥാർത്ഥ്യ ബോധം മനുഷ്യനാദത്തോടെ യാഥാർത്ഥ്യ ബോധത്തിൽ ജീവിക്കുന്നവർ മറ്റുള്ളവരെ ഉപേക്ഷിച്ച് കൂടുതൽ സന്തുഷ്ടരായി അവരുടെ ഉള്ളിൽ വേറെ മാജിക്കൽ ത്യാഗങ്ങളും ഉണ്ടാവും അവര് ഏതെങ്കിലും ഫാൻസി ഐഡിയാസ് പിന്തുടരുന്നവരായിരിക്കും ജീവിതത്തെ അവർ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സംഭവിച്ചു അതുകൊണ്ട് ആണ് തത്വചിന്ത മനുഷ്യനാകപ്പെടുന്നത് അവര് തത്വം എന്നുവെച്ചാൽ സത്യം യഥാർത്ഥമെന്ന് മനസ്സിലാക്കി ചില കാര്യം ഉൾക്കൊള്ളുകയാണ് അത് സത്യമാണോ യഥാർത്ഥമാണോ എന്നവരെ ധരിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്കത് ആനന്ദം ഉണ്ടാക്കും അതുപോലെയാണ് മൂല്യം മുമ്പ് പറഞ്ഞത് ഒരു മൂല്യപത്തായ തീയതി തവണ നമ്മൾ നയിക്കുകയാണ് തീർച്ചയായിട്ടും അത് ഒരാൾക്ക് സന്തോഷത്തോടെ സ്ഥായിയായ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ കൊടുക്കാം എന്ന് വെച്ചാൽ സന്തോഷത്തിന്റെ ഇടയ്ക്ക് മറ്റൊന്നും കടന്നു വരാത്ത സന്തോഷം അങ്ങനെയല്ല സന്തോഷത്തിനിടയ്ക്ക് മറ്റ് പലതും കിടന്നു വരും പ്രതികൂലമായ വികാരങ്ങൾ കടന്നുവരും പ്രതികൂല ജീവിത സന്ദർഭങ്ങൾ കടന്നു വരും അതൊന്നും വരാതിരിക്കുന്നതല്ല അങ്ങനെ കടന്നുവരുന്നതിനെ കൈകാര്യം ചെയ്യുന്നതിന് അതിനെ റെഗുലറൈസ് ചെയ്യുന്നതിന് ബോധം ിൽ അയാൾക്ക് സന്തോഷമായി ജീവിക്കരുത് അതേ പറയുന്നുണ്ട് സന്തോഷത്തിന്റെ ഒരു വഴിയായിട്ട് മൂല്യാദർഷ്ഠിതമായി ജീവിക്കും ജീവിതത്തിൽ അർത്ഥവത്തായ ആദർശങ്ങളെ സ്വീകരിക്കുക ആദർശങ്ങളെ പിന്തുടരാൻ ശ്രമിക്കുക അതിന് മൂല്യച്തികൾ വന്നുകഴിഞ്ഞാൽ അവനെ പരിഹരിക്കാൻ ശ്രമിക്കുക അപ്പൊ അതിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് അയാളെ വിജയിക്കുന്നതനുസരിച്ച് അയാൾ സന്തുഷ്ടന ജീവിതം അർത്ഥപൂർണമാണെന്ന് അയാൾക്ക് തോന്നുന്നു അതൊരാൾക്ക് എന്താണോ അർത്ഥവത്വം തോന്നുന്ന അതാണ് എന്താണോ ജീവിതത്തിലെ നിലനിൽക്കുന്ന എന്നവരും അതിനേറ്റവും പ്രധാനമായി പറയുന്ന നേടിയാണ് അത് ഏത് മണ്ഡലത്തിലായാലും നമ്മളൊരു ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം നമ്മുടെ ആ ജിജ്ഞാസും തൽക്കാലത്ത് സന്തുഷ്ടനാവും വീണ്ടും അറിയാൻ ശ്രമിച്ചുകൊണ്ടേ പുതിയ പുതിയ അറിവുകൾ നേടും അവിടെയെല്ലാം നമ്മുടെ ജിജ്ഞാസ ജിജ്ഞാസ എന്ന് പറയുന്നത് നല്ലതാണെങ്കിലും അത് സംശയങ്ങളെ സൃഷ്ടിക്കുകയും മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സന്തോഷമുണ്ടാവില്ല ബോധത്തോടുകൂടി ചിന്തിക്കണം പഠിക്കണം കാര്യങ്ങൾ മനസ്സിലാവണം ഞാൻ പറയുന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടാണ് ഇന്ന വിഷയമായിരിക്കുന്നുണ്ട് ഈ പറയുന്ന ഭോഗൈശ്വര്യങ്ങൾ എന്ന് പറയുന്നത് അത് ലക്ഷ്യമാക്കി ഒരാൾ ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ വ്യക്തിയിൽ മൂല്യാധിഷ്ഠിത ജീവിതം ഉണ്ടാവും അതൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ ഉള്ളൂ അവിടെയാണ് പ്രശ്നം അപ്പം അയാൾക്ക് സത്യസന്ധമായ ജീവിതം സാധ്യമാക്കും കാരണം ഒരുപാട് നേട്ടങ്ങൾ ആഗ്രഹമുണ്ട് ആ നേട്ടങ്ങളെല്ലാം നേടുന്നതിനും വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വന്ന അതിന്റെ പറയുന്നത് അപ്പോൾ വളഞ്ഞ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാവും ബ്രെയിനിൽ സ്ട്രെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പോട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസുകൾ ഒരുപാടുണ്ടാവും ശരീരത്തിനും മനസ്സിനും സ്ട്രെസ് ഉണ്ടാവും അതുകൊണ്ടാണ് സന്തോഷം കിട്ടാറ് അതുകൾ നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ സംഘർഷഭരിതമായി ജീവിതം അപ്പോ സത്യത്തിന്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കാരണം ബെറീനവിടെ ഫ്രീ ആയി വളഞ്ഞ വഴിയൊന്നും സ്വീകരിക്കുന്നില്ല അതിന് പറയുന്നു കൊമ്യൂണിറ്റി ലോഡ് അത് കൂടും വളഞ്ഞ വഴിക്ക് ചിന്തിച്ചാൽ മറിച്ച് സത്യത്തിൻ്റെ വഴിക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ആ ലോഡ് കുറയും അപ്പം നമ്മളുടെ മനസ്സിൽ സ്ട്രെസ് വരും ശരീരത്തിന് സ്ട്രെസ് ഹോർമോൺസൊന്നും ഉണ്ടാവത്തില്ല ഫ്രീ ആയി അതുകൊണ്ടാണ് മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം വേണം വലിയ പ്രാധാന്യമുള്ള ജീവിതം അങ്ങനോടോ ഒരാളിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിശേഷങ്ങൾ അവരുടെ ജീവിതത്തിന്റെ എപ്പോഴും ഒരു ബേസ് ലൈൻ ഹാപ്പിനെസ് എന്നാണ് പറയുന്നത് സൈക്കോളജി അതെപ്പോഴും ഉണ്ടായി അപ്പോ പ്രതികൂലതകൾ വരുന്നതിനും അയാൾക്ക് സ്ട്രെസ് ഇല്ലാത്ത സ്ട്രെസ് ഉണ്ടാകുന്ന സ്ട്രെസ് ഹാർമോണുകളാണ് ശരി സ്ട്രെസ് ഇല്ലാത്തതുകൊണ്ട് അനായാസമായി ജീവിക്കാൻ പറ്റും ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആദ്യ ഒരു കാര്യം ചെയ്യുക തന്നോട് സത്യസന്ധത പുലർത്തുക തന്റെ ചിന്തകളിൽ സത്യസന്ധത പുലർത്തുക തന്റെ പ്രവൃത്തിയുടെ സത്യസന്ധ സത്യസന്ധ പുലർത്താൻ ശ്രമിക്കുക കഴിയുന്നത്ര ജീവിതം വളരെ ഫ്രിയായി സത്യം എന്ന് പറയുമ്പോൾ ഞാൻ ബ്രഹ്മത്തെക്കുറിച്ചല്ലേ പറയുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥം സമൂഹം സത്യമെന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കുന്ന ഇതാണ് സത്യം അതിനെ നമ്മൾ സ്വമേധയാ സ്വീകരിക്കും അതാണ് നമ്മുടെ സത്യം സമൂഹം കൽപ്പിക്കുന്ന സത്യങ്ങൾ ചെറുതും നമുക്ക് സത്യമായിരിക്കും അതിനമ്മൾ സ്വമേധയാ സ്വീകരിക്കും എന്നിട്ട് അതിനെ പിന്തുടർന്ന് ജീവിക്കും ാണ് പറയാനുള്ളത് ജീവിതത്തിന്റെ ലക്ഷ്മണരേഖ അത് സമൂഹം കല്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷെ അത് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മുടെ ലക്ഷ്മണരേഖ നമ്മൾ തന്നെ വരയും നമ്മൾ വരച്ചാൽ അതിനെ മറികടക്കുന്നതിനുള്ള സാധ്യത കുറയും മറ്റാരെങ്കിലും നോക്കുവേണ്ടി ലക്ഷ്മണരേഖകൾ വരച്ചു വെച്ചാൽ നമ്മളതിനെ മറികടക്കുന്ന സാധ്യത ഞാൻ സാധ്യതയെ കുറിച്ചാ പറയുന്നത് പ്രോബിലിറ്റിയെ കുറിച്ചാ പറയുന്നത് അത് കൂടും ലക്ഷ്മണൻ സീതയ്ക്ക് വേണ്ടിയിട്ടൊരു രേഖ വരച്ചു ചാനണല്ലോ ലക്ഷ്മണരേഖ സീത സ്വയം വരച്ച് ലക്ഷ്മണൻ വരച്ചുകൊണ്ട് എന്ത് ചെയ്തു സീത അതിനും മറികടന്നു കുഴപ്പത്തിൽ സ്വയം ബോധപൂർവങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിലും അതിനെ മറികടക്കുന്നതിന് പലവട്ടം ആലോചിക്കുന്നു ഞാനല്ലേ ഇത് ചെയ്തു അപ്പൊ സമൂഹം കൽപ്പിക്കുന്ന സത്യം താൻ സ്വീകരിച്ചാലേ തന്റെ സത്യമാണ് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് നമ്മളെ ആരും ജഡ്ജ് ചെയ്യാൻ ഇല്ലാത്തപ്പോൾ നമ്മളെ ആരും തിരിച്ചറിയാനില്ലാത്തപ്പോൾ നമ്മളെ ആരും മനസ്സിലാക്കാനില്ലാത്തപ്പോൾ നമ്മൾ സത്യസന്ധനായിരിക്കുകയാണ് നമ്മൾ പറയാറോ ആൾക്കാരെന്ത് വെച്ചാൽ അപ്പോൾ മറ്റുള്ളവരെ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു സത്യസന്ധനാവാൻ ശ്രമിക്കുന്നു ഇത് മോശം കാര്യമാണ് അവിടെ നമുക്ക് മൂല്യബോധമില്ല ലോകരന്തില്ല കുറഞ്ഞപക്ഷം അതെങ്കിലും നല്ലതാണ് മോശം നല്ല ഞാൻ സന്തോഷത്തിന് അത് ാരും നമ്മളെ ജഡ് ചെയ്യാനില്ലെങ്കിലും നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ സംരക്ഷിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തി സന്തോഷത്തിലായിരിക്കുക ആരെങ്കിലും കാണുമ്പോ പുഞ്ചിരിക്കുന്നതോ ആഹ്ലാദമുണ്ട് തുള്ളിച്ചാടുന്ന ഒന്ന് സന്തോഷമാണ് കാരണം അതൊക്കെ നമുക്ക് തന്നെ അറിയാം അതൊക്കെ കൃത്രിമമാണ് താത്കാലികമാണ് നമുക്കിഷ്ടമില്ലാത്ത കണ്ടാലും നമ്മൾ ചിരിക്കാറ് ഒരു വാടിയിൽ ചിരി നമ്മൾ സമ്മാനിക്കും അതിന് സന്തോഷത്തിൻ്റെ ഇടയാണ് സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം ജീവിത മൂല്യപത്രയും ഇപ്പോൾ സന്തോഷത്തെ നിലനിർത്താനുള്ള നമ്മൾ അഭ്യാസം അതുതന്നെ ചിലപ്പോൾ നമുക്ക് സംഘർഷത്തെ ഉണ്ടാകും എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്ഥായിയായൊരു സന്തോഷം പ്രതികൂലതകളൊന്നും കടന്നു വരാൻ പറയൂ അത് നടക്കട്ടെ പ്രതികൂലതകൾ എന്തായാലും അപ്പൊ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ള അതിനുള്ളൊരു ശേഷി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ബാലൻസ് ചെയ്യുകയെന്നും റെഗുലറൈസ് ചെയ്യുക പറയും അത് മൂല്യാധിഷ്ഠിത ജീവിതം കൊണ്ടാണ് സാധിക്കും വളരെ പ്രാധാന്യം നിത്യജീവിതത്തിൽ നിന്നൊരു ഉദാഹരണത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ സന്യാസത്തിലേക്ക് വന്നത് അപ്പോ ഒരാൾ സന്യാസത്തിലേക്ക് വരുന്നത് സന്യാസത്തെക്കുറിച്ച് വലിയ ധാരണയോടുകൂടിയൊന്നുമായിരിക്കും പലരും ആശ്രമങ്ങളിലൊക്കെ വന്ന് താമസിച്ചു കഴിയുമ്പോഴാണ് സന്യാസത്തിലൂടെ അവർക്കൊരു താല്പര്യമില്ല കാരണം സന്യാസിമാരുടെ ഫെസിലിറ്റീസും സന്യാസിമാരുടെ പവറും സന്യാസിമാരുടെ എൻജോയ്മെന്റും ഒക്കെ കാണുമ്പോൾ തനിക്കും അതൊക്കെ പെട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് സന്യാസത്തിലേക്ക് കടന്നു ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഡിസ്മിസ് ചെയ്യാം എന്നെ സസ്പെൻഡ് ചെയ്യാം അതിന് നിങ്ങളുടെ മനസ്സോക്ഷിയോടൊന്ന് ചോദിക്കും ഈ ഗുണെന്തെങ്കിലും പരമാർത്ഥമുണ്ടോ എന്നോടൊന്ന് ചോദിക്കും എന്തായാലും സന്യാസത്തിലേക്ക് വരുന്നു അപ്പോ ഇവിടെ തന്നെ എന്താണ് ഈ പറയുന്ന ഹിഡോണിക് പ്രഷർ അങ്ങനെയാണ് എന്തെങ്കിലും നിരന്തരം മാറി സന്തോഷം ഇവിടെ പറയുന്നത് അതിനുവേണ്ടിയിട്ടാണ് ധന്യാ അനപ്പുറം ഒന്നും പോയി പക്ഷേ കുഴപ്പമില്ല പുതിയ താൻ സന്യാസത്തിന്റെ പ്രതീകമായി തള്ള തള്ള സമൂഹത്തെ ഒരിക്കലും അവതരിപ്പിക്കുന്നു എങ്ങനെയാണ് താൻ സന്യാസത്തിന്റെ പ്രതീകമായി തന്നെ അവതരിപ്പിക്കുന്നത് തന്റെ വേഷഭൂഷാദികൾ ഇന്നത്തെ കാലത്താണെങ്കിൽ പി ആർ വർക്ക് എന്ന് പറഞ്ഞാൽ സന്യാസത്തെ അങ്ങനെ അവതരിപ്പിക്കല സമൂഹം എങ്ങനെയാണെങ്കിൽ ഒരുവന്റെ ബയോളജി അവന്റെ സന്യാസത്തെ അനുകൂലിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സന്യാസത്തെ അനുകൂലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ സന്യാസത്തെ ലോകത്തിൽ നിന്നിൽ ഒരിക്കലും പ്രദർശിപ്പിക്കുക പിന്നെ എന്ത് ചെയ്യണം തന്റെ സന്യാസത്തെ ഒന്ന് പരിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നിശബ്ദമാണ് കഴിയും അല്ല നിങ്ങൾ സന്യാസവുമായിട്ട് സമൂഹത്തിന് മുമ്പ് പോയി കഴിഞ്ഞാൽ സമൂഹത്തിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹാപ്പിനെസ് പ്ലഷർ ഉണ്ടാക്കുന്ന കാര്യമാണ് സ്ഥായി കാരണം തനിക്ക് സ്വയം തന്നെ അറിയാം തന്റെ ഒരു മൂലന്യ ചീലകൾ സംഭവിച്ചുകൊണ്ടെങ്കിൽ തന്റെ സന്യാസത്തിലൊരു ഉണ്ട് ഒരു മനുഷ്യനും തന്നെ തല്ലിൽ നിന്നും മറയ്ക്കാൻ പറ്റും ലോകത്തിൽ നിന്നും മറയ്ക്കാൻ പറ്റും താൻ മൂല്യവത്തായിരിക്കുക സത്യസന്ധനായിരിക്കുക എന്ന് പറയുന്നത് ആദ്യം തന്നോടാണ് അങ്ങനെ അവിടെ മാത്രം ഈ പറയുന്ന ഞാൻ പറയുന്ന ഒരു വാക്ക് എന്റെ ഭാവനയും പറയുന്നില്ല ഇതെല്ലാം മോഡേൺ സൈക്കോളജി അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ഇത് പൂർണമായും നമ്മുടെ ബയോളജിയുമായി ബന്ധപ്പെടുത്തിയ പറയും നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു ഉദാഹരണം എടുത്ത് കാണിച്ചത് ഇപ്പൊ സന്യാസത്തിൽ എൻജോയ് ചെയ്യുന്നവരും അത് സ്ഥായിരിക്കില്ല ഇവിടെ പറയുന്ന ഈ ബേസ് ലൈൻ ഹാപ്പിനെസ് അവർക്കുണ്ടാവത്തില്ല അവരറിയാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിഷാദത്തിലേക്ക് പോകും നിരാശയിലേക്ക് പോകും കൺഫ്യൂഷനിലേക്ക് പോവും ആൻസൈറ്റിയിലേക്ക് പോവും അതവർക്ക് തിരിച്ചറിയാൻ പറ്റും സന്യാസം തന്നിൽ സക്സസ് ആവത്തില്ല അവിടെയൊക്കെ പറഞ്ഞു മറിച്ച് എന്താണോ തന്റെ ബയോളജി തനിക്ക് ശല്യം ചെയ്യുന്നുണ്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിശബ്ദനായി അങ്ങനെ തന്നെ തന്നെ പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ സന്യാസത്തിന്റെ ആദർശവുമായി ഒരിക്കലും ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കരുത് കാരണം ഇതിന് പല പോരായ്മകളുണ്ട് ലോകം അതറിഞ്ഞതിന് താനാതര അവിടെയാണ് പ്രശ്നം കുറഞ്ഞ വർഷം സന്യാസി തന്നോടെങ്കിലും അനുഗം ജോ തന്നോ ലോകത്തോടനുഗ അതുപോലെ എന്തുകൊണ്ട് തന്റെ സന്തോഷം നിലനിർത്തേണ്ട അത് വേണമല്ലോ അതൊരിക്കലും നമുക്ക് കൊയ്യ മുഖങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അതും നേടാൻ പറ്റുന്നു അതുകൊണ്ടാണ് പറയുന്നത് ആധുനിക മനഃശാസ്ത്രം മൂല്യവത്തായ ജീവിതം അവിടെ അതിന് മുമ്പോട്ട് പോക പോയാൽ അതിന് ഒരു എന്റെ സന്യാസന്റെ ആദർശം അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നു ഞാനതിന്റെ പൂർണ്ണതയെക്കുറിച്ചല്ല പറയുന്നത് പൂർണ്ണത ഒന്നിന് സാധ്യമല്ല മനുഷ്യൻ ഒന്നിന്റെയും പൂർണ്ണത അവന്റെ ബയോളജി അനുവദിക്കുന്നു മൂഢതയാണ് ഒരു നോർമലാണ് മനുഷ്യൻ നോർമൽ അല്ലെങ്കിൽ ചിലപ്പോൾ സാധിച്ചത് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ മൂല്യച്തിയോട് സന്ധി ചെയ്യും പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ പരിഷ്കരിക്കണം തന്റെ ലക്ഷ്മണ രേഖകളെല്ലാം സ്വയം വരയ്ക്കും അതിനുള്ളിലൂടെ തന്റെ നിയന്ത്രണം താൻ തന്നെ ഏറ്റെടുക്കും നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് ആണായാലും നിങ്ങളുടെ പുരോഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ മാത്രമേ സാധിക്കൂ മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ അവസാധിക്കൂ മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ സാധിക്കുന്ന ചില അടിച്ചമർത്തലുകൾ പക്ഷെ അത് നമുക്ക് സന്തോഷത്തെ ഉണ്ടാകത്തില്ല സന്തോഷം എന്താണ് ജീവിതത്തിൽ ഒരിക്കലും മനസ്സിലാകാത്ത ചത്തവും അതാണ് സംഭവം ഒരു കുതിരയെ അതിന്റെ കണ്ണൊക്കെ മൂടിക്കെട്ടി ജീനിയിട്ട് അതിന്റെ വേളിക്കയറുമ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളാണ് അങ്ങനെ ഓടിക്കുകയാണ് അത് സന്തോഷമുള്ള കാര്യമാണ് ോടിക്കുന്ന ആളിന് സന്തോഷമുള്ളത് അപ്പോ മറ്റൊരാള് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നിയന്ത്രിക്കുന്ന ആളിന് സന്തോഷം നിയന്ത്രിക്കപ്പെടുന്നവനു സന്തോഷം നമ്മൾ സന്തോഷം അനുഭവിക്കും സമ്മർദ്ദമാണ് അനുഭവിക്കും കുദ്ര വേഗത്തെ ഓടുന്ന എന്തുകൊണ്ടാണ് സമ്മർദ്ദം സഹിക്കാൻ മയ്യാകുമ്പോൾ അടിയും കുത്തും ഭയം വേഗത്തിൽ ഓടുന്നു എന്ന് വിചാരിച്ചത് സന്തോഷത്തിൽ ഓടുന്നു അർത്ഥം എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ ഇതൊക്കെ സ്വയം സ്വയം നിയന്ത്രിച്ച് അങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ മൂല്യവത്തായ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ എവിടെ ഞാൻ സന്യാസത്തെ ഒരു ഉദാഹരണമായിട്ട് തന്നെയാണ് അവിടെ അയാൾക്ക് സന്തോഷമായി ജീവിക്കും ഇനി അങ്ങനെ മുന്നേറാൻ പറ്റുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാൾക്ക് അങ്ങനെ മുന്നേറാൻ കഴിയാതിരിക്കുന്നത് പ്രധാനമായ കാരണം സന്തോഷമായി ജീവിക്കാൻ പറ്റുന്നില്ല സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു പ്രഷറല്ല ഹാപ്പിനെസാണ് അതിന്റെ പിന്നിൽ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്സിറ്റോസിൽ സിറോട്ടോണി പോലെയുള്ള ട്രാൻസ്മിറ്റേഴ്സാണ് ഹാർമോൺസ് അതാണ് ഈ സ്ഥായിയായ നമ്മുടെ സന്തോഷത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം മറ്റെന്ന് പറയുന്നത് സ്ഥായിയായ സന്തോഷമെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെയും നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെയും ഒരു സ്റ്റേറ്റ് ആണ് ഒരു അവസ്ഥയാണെന്ന് പറയും അത് വെറൊരു ഇമോഷനുണ്ട് ഒരു വൈകാരിക ഭാവമാണ് പ്രഷർ അങ്ങനെ ഒരു വൈകാരിക ഭാവം വളരെ കൃത്യമായ എന്റെ വ്യത്യാസം പറയുന്നു നിങ്ങൾ മറ്റൊരാളെ പീഡിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ കൂട്ടാം പ്ലഷറാണ് ഏതെങ്കിലും മറ്റൊരാൾക്ക് ഒരു സമ്മർദ്ദത്തെ ഉണ്ടോ എങ്ങനെയാണ് നമ്മൾ മറ്റൊരാൾക്ക് സമ്മർദ്ദത്തെ ഉണ്ടാക്കുന്നത് നമുക്കതിനുള്ള പവറുണ്ട് കഴിഞ്ഞു പത്ത് പേരെ കീഴിലാണ് ഇരിക്കുന്നെങ്കിലും എനിക്ക് അവർക്കൊരു സമ്മർദ്ദത്തെ ഉണ്ടോ വെറും മാനസിക സമ്മർദ്ദം അപ്പോ നമുക്കുണ്ടാകുന്നു അത് ഉണ്ടാക്കുന്ന ആളുണ്ടാകുന്ന ഒരു പ്രഷറാണ് ഇനി നമ്മൾ മറ്റൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യും ഉപകാരം ചെയ്യാമെന്ന് പറയുന്നത് ഒരു മൂല്യബോധമുള്ളവരെ ചെയ്യാം അവര് നീതിബോധം ഉണ്ടാവുന്നു സത്യത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുന്നു തുല്യതയെക്കുറിച്ചുള്ള ബോധമുണ്ടാവുന്നു ഇങ്ങനെയുള്ള മൂല്യത്തെക്കുറിച്ചുള്ള ബോധങ്ങൾ ഒരാളുടെയും മറ്റൊരാളെ സഹായിക്കാൻ പറ്റും അങ്ങനെ സഹായിക്കുന്നത് ഒരാൾക്ക് ശീലമായി കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ഇരിക്കുന്ന സന്തോഷവും അതുപോലെ തന്നെ സ്ഥൈര്യവും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടർത്ഥമില്ല അവിടെയും അയാളുടെ സന്തോഷ സ്ഥൈര്യം അതിനയാൾക്ക് കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യമുണ്ട് അതുകൊണ്ടാണ് സന്തോഷത്തെ നിയന്ത്രിക്കുന്നത് മനുഷ്യന്റെ മൂല്യബോധം എന്ന നമുക്കാണ് ആ മൂല്യബോധത്തിൽ സത്യം വരും നീതി വരും തുല്യത വരും എല്ലാ ആശയങ്ങളും അവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു ഘടകമാണ് ലേണി അറിയാൻ ശ്രമിച്ചുകൊണ്ടേ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടേ മനുഷ്യന് റിയലിസ്റ്റിക് ആയിരിക്കണം ഇപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അവന് സ്ഥായിയായൊരു സന്തോഷത്തിനും മുമ്പോട്ട് വന്നു എന്തുകൊണ്ട് അവന്റെ ബ്രെയിനും അവന്റെ നെർവസ് സിസ്റ്റം പാരാസിമ്പത്തിക് നർവസ് സിസ്റ്റം അതൊരു ഒരു പ്രത്യേക അവസ്ഥയിലായി അതിനും അവനെ സഹായിക്കുന്നതാണ് അവന്റെ ബയോളജി തന്നെയാണ് പ്രധാനമായും സാധ്യത പഴയകാലത്ത് എന്താണ് തന്നിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് മനുഷ്യൻ അറിയാത്തുള്ളത് ഇതൊക്കെ കേവലം മനസ്സിന്റെ എന്തോ ഭാവങ്ങളാണ് ധരിച്ചത് കേവലം മനസ്സിന്റെ അവസ്ഥകളൊന്നും ഉണ്ട് ഇതിന് നമ്മളെ വിറയിലും നമ്മുടെ ഈ ശരീരവും നമ്മുടെ നെർവസ് സിസ്റ്റം എന്തിനു നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങൾക്കും ഇതിന് പങ്കും നമ്മുടെ ചുറ്റുപാടുകൾക്കും പങ്കും നമ്മുടെ റിലേഷൻഷിപ്പിന് പങ്കും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ആരോടാണ് സഹകരിക്കും ഒരാളോടായും പത്ത് പേരോടായാലും ഇതിന്റെ സമൂഹത്തോടെ ആയുസും അതിന് നമ്മളിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ അതിനെ ആശിച്ച് നമ്മളെ സന്തോഷത്തിനകത്തും അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോട് നമ്മുടെ ചുറ്റുപാടുകളോട് നന്ദിയുള്ളവരായിരിക്കും നന്ദിയുള്ള മനസ്സോടുകൂടി ജീവിക്കണമെന്ന് പറയുന്ന അങ്ങനെയാണെങ്കിലെ പരസ്പര സഹകരണ സർ സഹകരണങ്ങളുടെ അടുത്ത് മാത്രമേ സന്തോഷം അതുകൊണ്ടാണ് നമ്മുടെ അടുത്തിരിക്കുന്നവൻ്റെ നേരെ കണ്ണടച്ചിട്ട് നമുക്ക് സന്തോഷം നേടാൻ പറ്റും നിങ്ങൾ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുകയെങ്കിൽ അതുകൊണ്ട് മാത്രം സന്തോഷം നേടാൻ പറ്റില്ല കഴിവുന്ന ആരെങ്കിലും വാശി പിടിച്ചാൽ അത് കഴിയില്ല എന്നുള്ളതിന് തെളിവിന് വേണ്ടി വേറെ മുന്നേസിച്ച് പോകേണ്ട കാര്യമില്ല അങ്ങനെ വേണ്ടങ്ങോട്ട് തന്നെ നോക്കിയാൽ മതി രണ്ടുപേർ പൊരുത്തപ്പെടുന്നിടത്ത് മാത്രമേ സന്തോഷ ഒറ്റയ്ക്കായി നേടിയെടുക്കാൻ ഒരിക്കലും പറ്റത്തുള്ളൂ നിങ്ങൾ ഹിമാലയത്ത് പോയി പത്തു വർഷം തവസി നാട്ടിലേക്ക് വന്ന് സമൂഹത്തിൽ ഇടയ്ക്ക് വരുമ്പോൾ നിങ്ങൾ വീണ്ടും അസ്വസ്ഥത എന്തുകൊണ്ട് സമൂഹത്തിന്റെ പങ്ക് നമ്മൾ മറന്നുപോകും അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് മനുഷ്യന് സന്തോഷമുണ്ടാവുന്നത് ഭൗതികമായ ജീവിതത്തിലായ നല്ല സന്യാസ ജീവിതത്തിലായും നമ്മൾ മറ്റൊരാൾക്ക് ഉപകരിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷമുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും അത് എന്താണ് വ്യക്തി നിഷ്ഠമാണെന്ന് പറയുമ്പോൾ അത് സമൂഹനിഷ്ഠവുമാണ് കേവല വ്യക്തി നിഷ്ടം അതുകൊണ്ട് പല കാര്യങ്ങളിലും ഈ നമ്മുടെ പ്രാചീനമായ കാഴ്ചപ്പാടുകൾ ആശയപരം ആധുനികമായ കാഴ്ചപ്പാടുകൾ ഓർത്തുപോകുന്നുണ്ട് ഈ സന്തോഷത്തെ സീസ് എന്തുകൊണ്ട് മനുഷ്യന് ക്ഷണികമായ സന്തോഷമുണ്ട് സ്ഥായിയായ സന്തോഷമുണ്ട് രണ്ടു കുട്ടികളും അംഗീകരിക്കുന്ന നമ്മൾ ആ സ്ഥായിയായ സന്തോഷത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ബയോളജിയെ കുറിച്ച് നമുക്കൊരു ബോധം വേണം നമുക്ക് ശരിയായ അനൂല്യ ബോധം വേണം തന്നെ കുറിച്ചുള്ള ബോധം വേണ്ടതുപോലെ തന്നെ സമൂഹത്തെക്കുറിച്ചും ധാരണ ഇതെല്ലാം ഒത്തുചേർന്നാല് മനുഷ്യന്റെ ഒരു സമൂഹ ജീവികായുണ്ട് മനുഷ്യന് സന്തോഷമായി ജീവിക്കാൻ പറ്റും ഇതൊന്നും ഇത്തരം കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്യുന്നില്ല ഇവിടെ സന്തോഷത്തെ സ്തുതിക്കാൻ പക്ഷേ ഇതിന്റെ സൂചനകൾ എന്താണ് ലോകൈശ്വര്യങ്ങൾ മനുഷ്യനെ സന്തോഷത്തെ കൊടുക്കുന്നില്ല അതൊരു സൂചനയാണ് അത് നിന്നുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പോട്ടും പറകിലോട്ടുമൊക്കെ സഞ്ചരിച്ചു തന്നെയാണ് ഈ പറഞ്ഞൊക്കെ വാസ്തവമാണ് ഏതെങ്കിലും സ്വപ്ന ലോകത്തിലെ കാഴ്ചപ്പാടോ മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തെ പഠിച്ച് മനുഷ്യർ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നു അങ്ങനെ അല്ലാതെ സന്തോഷത്തെ നിലനിർത്താൻ അതിന് സന്തോഷം നിലനിർത്തുന്നതിന് രണ്ടുമൂന്ന് കാര്യങ്ങളൂടെ പറയുന്നു ഒന്ന് ഓണസ്റ്റി സത്യസന്ധത ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിന് വലിയ പ്രാധാന്യം അത് മനസ്സ് നമ്മുടെ ബ്രെയിന് റിലാക്സ് ആകും മനസ്സ് റിലാക്സ് സ്ട്രെസ് കുറയുന്നു സത്യസന്ധതയുടെ ഗുണോദാണ് അത്തരം മൂല്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി ജീവിക്കുന്നതിനാണ് ഇൻഡഗിരിറ്റി എന്ന് പറയുന്നത് അത് ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ അങ്ങനെ ഇത് രണ്ടും സ്വന്തം ജീവിതത്തിലേക്ക് എന്താണ് ആദ്യം ഓണസ്റ്റി പിന്നെ ഇൻഡഗിരിറ്റി ഓണസ്റ്റി ഉള്ള ജീവിതമാണ് ഇൻഡഗിരിറ്റി ഇത് രണ്ടും മൂല്യാങ്കനം ചെയ്യില്ല സ്വന്തം ജീവിതത്തിൽ അതിന് സ്വയം കഴിവുണ്ടായിരുന്നു എന്റെ ജീവിതം എത്രമാത്രം സാർത്ഥകമാണോ എത്രമാത്രം മൂല്യവത്താണെന്ന് സ്വയം വിലയിരുത്തുക നമ്മളെ മറ്റൊരാൾ വിലയിരുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് പുറമെയുള്ള ജഡ്ജ്മെന്റിനെ അല്ല നമ്മൾ നോക്കേണ്ടത് നമ്മള് നമ്മളെ ശരിയായ രീതിയിൽ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നവും ഒന്നുമില്ല സമൂഹവും നമ്മൾ ക്രമേണം വിശ്വസിച്ച് സമൂഹത്തിന് നമ്മളോട് വിശ്വാസം കാരണം നമ്മൾ നമ്മളെ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളെ വിശ്വസിച്ച് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തി ജീവിക്കുന്നതിനാണ് ഡിഗ്നിറ്റി എന്നുള്ളത് ഇത് മൂന്നും ഒരാൾക്കുണ്ടെങ്കിൽ ഓണസ്റ്റി ഇന്റഗ്രേറ്റിഡ് ഡിഗ്നിറ്റി അത് അവസരം പറഞ്ഞത് വളരെ പ്രാധാന്യം ഇതെല്ലാം തന്നെ സ്വയാർജിതമായ കാര്യങ്ങൾ നമുക്കൊരുടത്തൊന്നും കടമെടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം സന്തുഷ്ടമായി ഇതൊരു പ്രിൻസിപ്പൾ എന്നുള്ളതാണെങ്കിൽ പറയുന്നതല്ല ഇത് സന്തോഷത്തിന്റെ പ്രായോഗികമായ കാര്യങ്ങൾ ഇത് പരിശീലനം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട കാര്യം ഈ പറയുന്നു അങ്ങനെ മനുഷ്യർ സന്തോഷമായിരിക്കും ഡിഗ്നിറ്റി ഇല്ലാത്ത മനുഷ്യർക്കെ സന്തോഷം അത് തന്റെ തന്നെ ബോധ്യപ്പെടലാണ് തന്നെ കുറിച്ചുള്ള ബോധ്യപ്പെടൽ ഒരു വാക്കിലതിനെ പരാവർത്തനം നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ ആശയം നോക്കുന്നു രണ്ടും ജീവിതത്തെ ഒത്തുചേരും മൂല്യങ്ങളെ തിരിച്ചറിയുക ലേഡിങ്ങിലൂടെ ജീവിതത്തിൽ അതിനെ നടപ്പിലാക്കുക അതിനനുസരിച്ച് ജീവിക്കുക നിർഭയമായി ജീവിക്കുക ഭയത്തെക്കുറിച്ച് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പലതുമുണ്ട് എന്നാൽ നിർഭയത്വം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന ആശയം ഭയമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഭയത്തെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കാരണം നമ്മളെ ബയോളജി നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല പോസിറ്റീവായിരിക്കുക എന്നുള്ളതല്ല കാരണം നമുക്ക് നെഗറ്റീവ് ഒഴിവാക്കാൻ പറ്റത്തില്ല ഇതിൽ രണ്ടിനെയും നമ്മൾ മാനേജ് ചെയ്യുന്നിടത്താണ് വിജയിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് സന്തുഷ്ടമായിട്ട് അതുകൊണ്ടാണ് സന്തോഷത്തെ ഇത്രയും പുകഴ്ത്തത് അപ്പൊ സന്തോഷത്തെ പുറത്തുന്നതിനോടൊപ്പം അത് വാസ എന്താണ് സന്തോഷം എങ്ങനെ സന്തോഷമായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി ആശയപരമായും പ്രായോഗികമായും നമ്മൾ മനസ്സിലാക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ നമുക്ക് തന്നെ ഇതിന്റെ